ഭൂമിയെ വികസിപ്പിക്കുകയും അതിൽ ഉറച്ച പർവ്വതങ്ങളും നദികളും ഉണ്ടാക്കുകയും ചെയ്തവരും അവനാകുന്നു എല്ലാ വലവർഗ്ഗങ്ങളിൽ നിന്നും രണ്ട് ജോഡികളെ അവനതിലുണ്ടാക്കി അവൻ രാത്രിയെ പകലിന്മേൽ മൂടുന്നു തീർച്ചയായും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്